നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ നയൻ നവഗ്രഹങ്ങളിലെ ഏറ്റവും വലുതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതും ജ്യോതിഷത്തിലും വളരെയധികം പ്രാധാന്യം വഹിക്കുന്നതുമായിട്ടുള്ള വ്യാഴം വ്യാഴത്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വ്യാഴം പ്രസാദിച്ചാൽ എല്ലാം പ്രസാദിച്ചു വ്യാഴം അനുകൂലമായാൽ എല്ലാം അനുകൂലമായി ബാക്കി എല്ലാം അനുകൂലമായാലും വ്യാഴാനുകൂല്യമില്ലെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല അതിനെ നമുക്ക് വളരെ ലളിതമായിട്ട് ഗുരു എന്ന തത്വവുമായിട്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടുത്തി ചിന്തിക്കാം ഇനി മറ്റു ചില കാര്യങ്ങളും കൂടി വ്യാഴത്തിനോടുകൂടി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഗുരുതത്വത്തിൻ്റെ വിശാലത നമ്മുടെ പൂർവികരുടെ ആ ഒരു വിശാലത അവരുടെ ഒരു ലോകത്തിനും ഈ നമ്മുടെ ഭാരതം എന്നുള്ളതിനൊക്കെ അപ്പുറം വിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു മനോഹാരിതയും അതിൻ്റെ ഒരു നന്മയും ഒക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇപ്പം നവഗ്രഹങ്ങളിൽ മരം വൃക്ഷം ആലാണ് അരയാലാണ് സാധാരണ വ്യാഴത്തിൻ്റെ വൃക്ഷം ഇപ്പോൾ നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഗ്രഹങ്ങളുടെയും ചൈതന്യങ്ങളുള്ള ഓരോ മര വൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങളും ചെടികളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സൂര്യനാണുങ്ങിരിക്ക് ചന്ദ്രന് പ്ലാശ് ചൊവ്വയ്ക്ക് പെരിങ്ങാലി അത് അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നവഗ്രഹ ആരാധനയിൽ ഗ്രഹത്തിനെ നേരിട്ട് ഗ്രഹങ്ങളുടെ ചൈതന്യങ്ങളുള്ള വൃക്ഷങ്ങളെ ധാന്യങ്ങളെ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഗ്രഹത്തിൻ്റെ ചൈതന്യം നമ്മളിൽ ഉണ്ടാക്കാം അനുഗ്രഹം നമ്മളിലുണ്ടാക്കാം അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കാം അപ്പം നവഗ്രഹത്തിൻ്റെ വൃക്ഷം നവഗ്രഹത്തിൽ വ്യാഴത്തിൻ്റെ വൃക്ഷം ആലാണ് നവഗ്രഹവൃക്ഷങ്ങളിൽ ഏറ്റവും വലിയ വൃക്ഷം ആലാണ് ബാക്കിയൊക്കെ ചെറിയ ചെറിയ ചെറിയ ചെടികളാണ് ഈ നവഗ്രഹവൃക്ഷങ്ങളിൽ മാത്രമല്ല പൊതുവേ നമ്മൾ വൃക്ഷങ്ങളുടെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയുന്ന മരങ്ങളിൽ ഏറ്റവും വലിയ മരം ആലാണ് നമ്മളിന്നിപ്പോൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടില് നമ്മളുടെ കാഴ്ചയിൽ ആലിനേക്കാൾ വലിയൊരു മരമില്ല അപ്പോൾ അവിടെ തന്നെ നോക്കൂ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്തോ അത് ഗുരു മരങ്ങളിൽ ഏറ്റവും വലുതെന്തോ അത് ആല് ആ ഒരു ബന്ധം നോക്കി എത്ര മനോഹരമായിട്ടുണ്ട് മാത്രമല്ല ആലിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചില മന്ത്രം മൂലതോ ബ്രഹ്മരൂപമായ മധ്യതോ ശിവരൂപിണെ മധ്യത ശിവ വിഷ്ണുരൂപിണെ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ ദേ അടിയിലെ ബ്രഹ്മാവും മധ്യത്തിലെ വിഷ്ണുവും മൂർധാവിലെ തലയിലെ ശിവനും ഇരിക്കുന്ന ഈ ഒരാളിനെ ഞാൻ പ്രദക്ഷിണം വയ്ക്കുന്നു നമസ്കരിക്കുന്നു ഇതന്നെയല്ലേ നമ്മളും പറയണത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുവെന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അതുതന്നെയാണ് ആലിനോടും പറയണത് ആലന്നെയാണ് ബ്രഹ്മാവും വിഷ്ണു ശിവനും അപ്പോൾ ആ ഒരു ബന്ധം നോക്കൂ വ്യാഴവും ആലും ഗുരുസങ്കല്പവും തമ്മിലുള്ള ബന്ധം അതുമാത്രമല്ല എല്ലാ വൃക്ഷങ്ങളും എല്ലാ ദേവന്മാരെയും മൂന്നും നാലും ഒക്കെ പ്രദക്ഷിണം പറയുമ്പോൾ വ്യാഴത്തിന് ഏഴാണ് പ്രദക്ഷിണം പറയണത് അപ്പോൾ ഇത് ആലിന് ആലിന് ഏഴ് പ്രദക്ഷിണ പറയണത് എന്തുകൊണ്ടാണ് ഗുരുവിനെ കൂടുതൽ പ്രദക്ഷിണം വെക്കേണ്ട ആൾ ഗുരുവിനെ തന്നെയാണെന്നർത്ഥം മാത്രമല്ല ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമാണ് ആല് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ പ്രാണവായുവാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പ്രാണവായുവാണ് ഓക്സിജൻ ഓക്സിജൻ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഗുരുവിൻ്റെ ഒരു കടാക്ഷം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ലോകത്തിൽ അത്ര പ്രധാനമാണ് ഗുരുവ്യാഴം അത്ര പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എല്ലാം തമ്മിൽ ബന്ധപ്പെടുത്തി ചിന്തിരിക്കുന്നത് നോക്കുക എത്ര മനോഹരമായിട്ടാണ് ഈ കൽപ്പനകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ധാന്യം കടലയാണ് ഇപ്പോൾ നവഗ്രഹങ്ങൾക്ക് ഓരോന്നിനും ഓരോ ധാന്യങ്ങളുണ്ട് സൂര്യന് ഗോതമ്പ് ചന്ദ്രൻ അരി ഇതിൽ വ്യാഴത്തിൻ്റെ ധാന്യം കടലയാണ് നമ്മൾ പുട്ടുണ്ടാക്കണ പുട്ടിന് കട കറി ഉണ്ടാക്കുന്ന കടല ഈ കടല അതും നോക്കുക ഈ ധാന്യങ്ങളിൽ ഏറ്റവും വലിയൊരു ധാന്യമാണ് കടല ബാക്കി ധാന്യങ്ങളൊക്കെ ചെറിയ ചെറിയ ധാന്യങ്ങളാണ് കടല വലിയൊരു ധാന്യമാണ് അവിടെയും ആ ഒരു കൽപ്പന സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴം നമ്മുടെ ആ വ്യാഴമെന്ന ഗുരുവാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ധാന്യങ്ങളിലും ഏറ്റവും വലുത് കടലയാണ് ആ ഒരു സങ്കല്പം ഏറ്റവും വലുത് എന്ന സങ്കല്പം വ്യാഴവുമായി ബന്ധപ്പെടുത്തി എല്ലാറ്റിനെയും പറ്റിയും ചിന്തിച്ചിട്ടുണ്ട് മാതാപിതാ ഗുരുദൈവം നമ്മളുടെ വലിയൊരു മഹാവാക്യാണ് മാതാപിതാ ഗുരുദൈവം മാതാവും പിതാവും ഗുരുവും ദൈവങ്ങളാണ് മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടേ ദൈവത്തിന് സ്ഥാനമുള്ളു അങ്ങനെയും പറയാം മാതാവ് ചന്ദ്രനാണ് പിതാവ് സൂര്യനാണ് ഗുരു വ്യാഴമാണ് ഇവരെ മൂന്നിനെയും ദൈവങ്ങളായിട്ട് കണക്കാക്കണം അല്ലെങ്കിൽ ഇവർ മൂന്നിനും കഴിഞ്ഞിട്ടേ ദൈവത്തിന് സ്ഥാനമുള്ളൂ ജ്യോതിഷത്തിൽ സജീവ പ്രാധാന്യമുള്ള മൂന്ന് ഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും വ്യാഴവും എല്ലാം തമ്മിൽ ഭാരതീയമായ ശാസ്ത്രങ്ങൾ ബന്ധപ്പെടുത്തുമ്പോൾ എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എല്ലാം ഒന്നാണ് അതിൻ്റെ അതിൻ്റെ അന്തസ്തയിലേക്ക് പോകുമ്പോൾ വ്യാഴത്തിൻ്റെ ഔഷധം മഞ്ഞളാണ് ഓരോ ഗ്രഹത്തിനും ഓരോ ഔഷധങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് സൂര്യന് ജഡാമാഞ്ചി ചന്ദ്രന് വയമ്പ് അതിൽ വ്യാഴത്തിന് മഞ്ഞളാണ് അവിടെ നോക്കുക ആ ഇന്നുള്ള ഔഷധങ്ങളിൽ ഏറ്റവും വലിയ വിഷ ഔഷധമാണ് മഞ്ഞൾ അതുകൊണ്ടാണ് ആ മഞ്ഞളിൻ്റെ ഗുണം കണക്കാക്കിയിട്ട് ജർമ്മൻകാരിതിന് പേറ്റൻ്റെ എടുക്കാൻ ശ്രമം നടത്തിയതൊക്കെ ഉണ്ട് പണ്ട് ഏറ്റവും വലിയ വിഷസംഹാരി മഞ്ഞളാണ് ആൻറ്റി സെപ്റ്റിക്കാണ് മഞ്ഞൾ മുറിയൊക്കെ ഉണ്ടായ മഞ്ഞളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറി ഉണങ്ങും അതൊരു സെപ്റ്റിക്കാവൂയില്ല അവിടെ നോക്കൂ അജ്ഞാനമാകുന്ന വിഷം അറിവില്ലായ്മയാകുന്ന വിഷം നമ്മളിൽ നിന്ന് മാറ്റി നമ്മളെ വിഷരഹിതനാക്കി പൂർണ്ണനാക്കുന്ന ആളാണ് ഗുരു ഗുരുവായ വിഷം എന്ന് പറഞ്ഞാൽ അജ്ഞാനം നിർത്തുന്നുണ്ട് അറിവില്ലായ്മ നിർത്തുന്നുണ്ട് അപ്പം അങ്ങനെ അറിയിൽ വായ്മയും അജ്ഞാനവും മാറ്റിയിട്ട് നമ്മളെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുന്ന നമ്മളുടെ ജീവൻ തന്നെ നിലനിർത്താൻ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ചൈതന്യമാണ് ഗുരു അഥവാ വ്യാഴം അപ്പോൾ അവിടെയും ആ ഒരു കൺസെപ്റ്റ് മഞ്ഞൾ എന്ന കൺസെപ്റ്റ് വളരെ വിശാലമായിട്ട് വന്നിട്ടുണ്ട് വ്യാഴത്തിൻ്റെ നിറം മഞ്ഞയാണ് എല്ലാറ്റിനും ഉൾക്കൊള്ളുന്ന എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നിറമാണ് മഞ്ഞ കേരളം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള സന്യാസി വര്യൻ സാമൂഹ്യ പരികഷ് പരിഷ്കർത്താവുമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ മഞ്ഞ കളർ സ്വീകരിക്കാനുള്ള കാരണം ഈ മഹാഗുരു സങ്കല്പം തന്നെയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഗുരു എന്ന മഹാസങ്കല്പത്തിൻ്റെ ശ്രേഷ്ഠ തന്നെയാണ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഗുരു എന്ന് പറയുന്നത് തന്നെ ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവനെയാണ് ഓർമ്മ അപ്പോൾ അവിടെയും മഞ്ഞ വ്യാഴവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ വ്യാഴത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം ഏറ്റവും വലുത് ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും പ്രധാനം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത ദിവസം പറയാം എല്ലാവർക്കും ഇതിൽ അഭിപ്രായം പറയാം തെറ്റുകളുണ്ടെങ്കിൽ കാണി ചൂണ്ടിക്കാണിക്കാം വിമർശിക്കാം സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവരുടെയും ഒരു സഹകരണത്തോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനെല്ലാവരും സഹകരിക്കണം അതിന് ഞാൻ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഫോൺ നമ്പർ പറയുന്നത് അഭിപ്രായങ്ങൾ പറയുന്നതിനും വിമർശനങ്ങളുണ്ടെങ്കിൽ അത് പറയുന്നതിനും അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പറയണത് ഇത് വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇനിയും ഇതിൽ ഒരുപാട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് മറ്റൊരു അഭിപ്രായം കൂടിയും പറയാനുള്ളത് എല്ലാ ഇടയ്ക്ക് ഞാൻ പറയുന്നതാണ് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നതിന് പുറമെ ഇതെല്ലാവരിലും എത്തിക്കുക എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് ഫോർവേഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ സെമിനാറുകളോ ക്ലാസുകളോ അല്ലെങ്കിൽ ചെറിയ പ്രഭാഷണങ്ങളൊക്കെ ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ ഒരു സെമിനാർ എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ നാടുകളിലൊക്കെ വെക്കുക വ പറഞ്ഞു വരുന്നതിനും മനസ്സിലാക്കി തരുന്നതിനും എനിക്ക് വളരെ സന്തോഷമേ ഉള്ളു അങ്ങനെ നം നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാൻ എല്ലാവരും സജീവമായിട്ട് മുന്നിട്ടിറങ്ങണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം